കേട്ട ദൈവജനങ്ങൾക്കായിട്ട് ദൈവത്തിന്റെ നന്ദി സ്ത്രോത്രവും കരയേറ്റുന്നു നാം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വിശ്വാസം അത് ഒരു വളരുന്ന വിശ്വാസമാണ് നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കണം ആ എന്ന വാക്കിന് തന്നെ ഒരു കുഞ്ഞിനോട് നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു അതുപോലെ നമ്മുടെ ക്രിസ്ത്യജീവിതത്തിന്റെ വളർച്ച കഴിഞ്ഞ് കുറെ നാൾ പോകുമ്പോൾ അവൻ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു അവൻ വിശ്വാസമുള്ളവനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് കർത്താവിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ വിശ്വാസം കുറേ കഴിയുമ്പോൾ അതൊരു നിലപാടിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ അവൻ അവൻ്റെ വിശ്വാസം നമ്മൾ ദൈവദിനത്തിൽ പലയിടത്ത് വായിക്കുന്നുണ്ട് നമ്മൾ സ്തേഫാനോസ് സ്തേഫാനോസ് അവിടെ മരിക്കുമ്പോൾ സ്തെഫാസിനോസിനെ അവിടെ പറയുന്നത് സ്തേഫാനോസ് എ മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത് എന്നാണ് സ്തെഫാസിനോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പൊ സുൽ പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിലാണെന്ന് തോന്നുന്നത് അവിടെ പറയുന്നു അവൻ വിശ്വാസം വിശ്വാസവും ആത്മാവും നിറഞ്ഞവൻ വിശ്വാസം നിറഞ്ഞവനായ സ്തേഫാനോസ് തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൻ അവിടെ വിശ്വാസം നിറഞ്ഞവനായി അവൻ്റെ ജീവിതം മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ നമ്മളിപ്പോൾ മിക്കവാറും ബ്രദർ പറഞ്ഞതുപോലെ നമ്മളിവിടെ എപ്പോഴും വലിയ ആഴമായ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മൾ വിശ്വാസത്തിൽ നിലപാടുള്ളവരായി നമ്മുടെ മരണത്തിലൂടെ ദൈവത്തെ വിശ്വാസം നിറഞ്ഞവരായി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു യാത്ര നമ്മൾ ഒറ്റ അടിക്ക് ആദ്യം തന്നെ നമ്മളെല്ലാവരെയും ആ രീതിയിൽ പ്രതീക്ഷിക്കരുത് നമ്മള് ഇതൊരു ജേണിയാണ് ഇതൊരു യാത്രയാണ് ആ യാത്രയിൽ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണുക കാണുമ്പം ഈ വിശ്വാസം നമുക്ക് കുറച്ചും കൂടെ റിയൽ ആയിത്തീരും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരൊക്കെ നമ്മള് ഇവിടെ നമ്മൾ പറയും നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മൾ സാക്ഷ്യത്തിന് വേണ്ടിയുള്ള സമയം ഏ നമുക്കൊന്നും സാക്ഷ്യമൊന്നും പറയാനില്ല നമ്മൾ അതായത് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ ആത്മീയ കാര്യങ്ങൾ പറയണമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദൈവം എന്നെ ഈ ഇന്ന് എനിക്ക് എന്റെ കോളേജിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു ദൈവം എന്നെ സഹായിച്ചു ദൈവം എന്നെ വിടുവിച്ചു എന്റെ പരീക്ഷയിൽ എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു പക്ഷെ ദൈവം എന്നെ ആ സാരി വിടുവിച്ചു എനിക്ക് ഈ രോഗവും ഭാരവും പ്രയാസവും ഒക്കെയായിട്ട് ഞാൻ ഇരുന്നു പക്ഷെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്നെ ബലപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള സാക്ഷികളൊന്നും നമുക്ക് പറയാനില്ല ആ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ സാക്ഷ്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ദൈവം എൻ്റെ ജീവിതത്തിൽ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഞാനൊരു ഭാരത്തോടെ ഇരുന്നു അവിടെ ഇതാ ദൈവം എനിക്കൊരു വഴി തുറന്നു ദൈവം എനിക്ക് ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ സഹായിച്ചു എനിക്കും ഇവിടെ വന്നു ആരെയും പരിചയമില്ലായിരുന്നു ഒന്നും അറിയത്തില്ല ഒരു വീട് എങ്ങനെ കിട്ടുമോ എന്നറിയില്ല ഇത് ദൈവം അത്ഭുതകരമായിട്ട് എനിക്കൊരു വീട് തന്നു ഇതിനകത്ത് നമുക്ക് ഇതൊന്നും ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള ഒരു തരം ചിന്തയിൽ നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോയാൽ ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ ഒരുതരം പരിശത്വത്തിലും നമുക്ക് ഈ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ ഒരു അൺറിയൽ സൂപ്പർ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും അപ്പം നമ്മൾ ദൈവത്തെ കാണണം ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം അങ്ങനെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് കുറെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറുന്നത് നമ്മളിപ്പോൾ ഒന്ന് തീമത്തി ദിവസം നാലാം അധ്യായം ഒന്ന് തീമത്തി ദിവസം നാലാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ തിമത്യോസിനോട് പോലോസ് ലേഖനം എഴുതുമ്പോൾ നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക അപ്പൊ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ യൗവനക്കാര അല്ലെങ്കിൽ മുതിർന്ന വ്യക്തി നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ നടപ്പ് നിങ്ങളുടെ നിർമ്മലത ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ മാതൃകയായിരിക്കണം നമ്മൾ പിന്നെ ഇടക്കിടയ്ക്ക് നമ്മൾ സ്നേഹത്തെ കുറിച്ചും പറയും നിങ്ങളുടെ സ്നേഹവും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം പക്ഷെ പലപ്പോഴും നമ്മളധികം ഇവിടെ പൗലൂസ് പറയുന്നത് നിന്റെ വിശ്വാസത്തിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം നിന്റെ വിശ്വാസത്തിലും നിന്റെ വിശ്വാസത്തിൽ അപ്പോൾ എന്താ നിന്റെ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പന്ത്രണ്ടാം വാക്യം ഇൻ ഫെയ്ത്ത് ബി എൻ എക്സാമ്പിൾ To those who believe. െ കാ ചെറുപ്പക്കാരനെ കാണുമ്പോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയെ കാണുമ്പോ അവരുടെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം മതിയായവനാണ് ദൈവം എന്നെ നടത്തും എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ ആത്മാവ് അതിൽ തുടങ്ങി കുറെ കഴിയുമ്പോ വിശ്വാസത്തിൻ്റെ ഒരു നിലപാടോടുകൂടെ നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിയും തൻ്റെ ജീവിതത്തിൻ്റെ വലിയ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്തിൻ്റെ ഒരു നിലപാടെടുത്ത് നിൽക്കുവാനായിട്ട് കഴിയും എന്നാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തുടങ്ങിയാണ് ഈ കാര്യം മുമ്പോട്ട് പോകേണ്ടത് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതും ഞാനിപ്പോൾ പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അതൊരു വളർച്ചയായിട്ടാണ് മുമ്പോട്ട് വരേണ്ടത് നമ്മൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പ്രത്യാശയുമാകുന്നു എന്ന് നമ്മൾ ദൈവദനത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ എബ്രാ പിന്നെ എബ്രാഹിം ലേഖന പതിനൊന്നാം അധ്യായത്തിൽ തന്നെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുവാൻ ശക്തനെന്നും വിശ്വസിക്കേണ്ടതാവുന്നു എന്ന് അങ്ങനെയല്ലേ വാക്യം അറാം വക്യം അതെ എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ അപ്പൊ ഇത് കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത് ഏഹ് അപ്പം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കൊച്ചു കൊച്ചു സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഈ കേൾക്കുന്നത് നിങ്ങളിവിടെ കൊണ്ടുപോയി ദൈവം ഉണ്ട് ഞാൻ ദൈവത്തോട് ഈ കാര്യം ദൈവം കേൾക്കും ദൈവം എനിക്ക് മറുപടി തരും ദൈവം എന്റെ പ്രശ്നത്തിന് മതിയായവനാണ് നമ്മുടെ കുഞ്ഞിന് ഒരു പനി വരുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നു ബുദ്ധിമുട്ട് വരുമ്പോൾ കുഞ്ഞത് പറയുന്നു നമ്മൾ ആ ആ അത് നമ്മൾ അതിനെയൊക്കെ അവിടെ ആ കുഞ്ഞിൻ്റെ പനി ഒരു പ്രശ്നമാണ് കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഇന്നൊരു അസുഖം പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായി അസുഖം അസുഖം പ്രശ്നമാണ് ശരി മോനെ നമുക്ക് പ്രാർത്ഥിക്കാം മോളെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അപ്പൊ ഭാര്യയും അവർ ചേർന്ന് നമ്മൾ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഉടനെ നമ്മൾ ഏയ് നമ്മളെന്നാ പിന്നെ ഇപ്പം ഈ പനിയാണ് അതിന്റെ ഉടനെ നമ്മളെന്നാൽ നമുക്കെന്നാ നമ്മുടെ ാം ഇപ്പം ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ ഗോവയിലാണ് നമുക്ക് എല്ലാ നമ്മളിങ്ങനെ നമുക്ക് തന്നെ എന്തുകൊണ്ട് എന്റെ ദൈവം മതിയായവനാണ് അപ്പൊ ഞാനും എന്റെ ഭാര്യയും ഞങ്ങളിരുന്ന് ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ കുഞ്ഞുപറയും ഞാൻ തന്നെ നിങ്ങൾ തന്നെ ആദ്യം പ്രാർത്ഥിക്കണം കർത്താവെ എന്നെ എനിക്ക് എന്റെ ഈ പ്രശ്നമുണ്ട് എനിക്ക് അസുഖമുണ്ട് എന്റെ പ്രയാസമുണ്ട് എന്റെ ബുദ്ധിമുട്ടുണ്ട് എന്റെ പരീക്ഷയിൽ എനിക്ക് ടെൻഷനുണ്ട് കർത്താവെ എന്നെ സഹായിക്കണമേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങ് മതിയായവനാണ് അപ്പൊ ഉടനെ നിങ്ങളുടെ മാതാപിതാക്കളോടും പറയും അവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉടനെ ഇതൊന്നും ഇതിനു പ്രാർത്ഥിക്കണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു തരം യഥാർത്ഥ്യത്തിൽ ഒരു തരം അൺറിയൽ സ്പിരിച്വാലിറ്റിയിലായിപ്പോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കൊച്ചു കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ഇടപെടൽ നിങ്ങൾ കാണും ദൈവത്തിന്റെ ഒരു ഇടപെടൽ കാണുമ്പോൾ താങ്ക് യു ലോൾ നന്ദി പിതാവ് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ നന്ദി പറയണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ വന്ന് പറയാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടിയില്ല നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ സൺഡേ സ്കൂളിൽ കൂടുമ്പോൾ അവിടെയും ഇതുപോലെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളാണോ നിങ്ങൾ പഠിക്കുന്നത് അല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു ഏഹ് അപ്പോൾ അവിടെയും നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവം വിശ്വസിക്കാനോ മതിയായവനാണ് ദൈവം നല്ലവനാണ് അവിടെ പറയണം കർത്താവ് ഞങ്ങളെ സഹായിച്ചു കർത്താവിന് നന്ദി നിങ്ങൾ ആ നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്ത് സംഭവിക്കും നമ്മൾ വിശ്വാസം വളരും നമ്മൾ വിശ്വാസം വളരും നമ്മൾ വിശ്വാസം വളരുമ്പോ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അതുകൊണ്ട് ജോസഫർ അവിടെ കോടതിയിൽ ചെന്നപ്പോ ഇങ്ങനെയൊരു നിലപാടെടുത്തു അട എനിക്ക് കോളേജ് ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്ത് പറയുമ്പോൾ എനിക്കൊരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കൊച്ചു കാര്യങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ദൈവം എന്നോട് പ്രവർത്തിക്കുന്നു അത് കാണുമ്പോൾ കുറെ കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം ദൈവം മതിയായവനാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം എന്നെ നടത്തും എൻ്റെ ആവശ്യങ്ങളിൽ മതിയായവനാണ് ഈ സാഹചര്യത്തിലും എനിക്ക് ദൈവത്തെ ആശ്രയിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസം വളരുകയും നമുക്ക് ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാനും കഴിയും നമ്മളെപ്പോഴും പത്രോസിനെ കുറിച്ചൊക്കെ പറയാനുണ്ട് ഈ പത്രോസ് പത്രോസിന്റെ ജീവിതം നമുക്കെപ്പോഴും ഒരു ഉത്സാഹം പകരുന്നതാണ് അപ്പോൾ പത്രോസ് ഒരു വിശ്വാസ വീരനായിട്ടാണ് പത്രോസ് മരിച്ചത് അത് നമുക്കറിയാം നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നു പത്രോസിന് പീഡനങ്ങളും വന്നപ്പോൾ പത്രോസ് പറഞ്ഞു നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നെങ്കിൽ കൃഷിച്ചു പക്ഷേ ആകെ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ഞാൻ കർത്താവനെ അവര് നേരെ ക്രൂശിച്ചു എന്നെ നിങ്ങൾ തലകീഴായിട്ട് ക്രൂശിക്കണം എൻ്റെ കർത്താവിൻ്റെ ആ പാതപീഠത്തെ ചുമബിച്ച് ക്രൂശിക്കണം ധൈര്യത്തോടെ പത്രോസ് അവിടെ പത്രോസിന്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ദൈവത്തിലുള്ള വിശ്വാസത്തോടെ അവിടെ നിലപാടെടുത്തങ്ങൾ മുമ്പോട്ട് പോയി പക്ഷേ ഈ പത്രോസ് ഇങ്ങനെയാണോ തുടങ്ങിയത് പത്രോസിൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസം വളരുകയായിരുന്നു പത്രോസിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പത്രോസ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ചെറിയ കാര്യങ്ങളിലൊക്കെ പത്രോസ് കണ്ടു ഞാൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഉദാഹരണത്തിന് മത്തായി ആറാം അധ്യായം സോറി മത്തായി എട്ടാം അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കുക മത്തായി എട്ടാം അധ്യായം മത്തായി എട്ടാം അധ്യായം അവിടെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അവന്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു ഇപ്പോ ഒരു ചെറിയ കാര്യമാണ് അതായത് ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ പത്രോസിനെ സംബന്ധിച്ചോളം യേശു വന്നു എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ യേശു മാത്രമല്ല യേശു ശിശുമാരും ഒരു പരിവാരമുണ്ട് ഇവരെല്ലാം കൂടെ വീട്ടിൽ വരുന്നു പത്രോസിന് ഒരു ഇരുപത്തെട്ട് വയസ്സോ വല്ലതും കാണും അപ്പോ അത്രയും അത്രയും പത്ത് ഇത് ഭാര്യയ്ക്ക് ഒരു പക്ഷേ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് പ്രായം അപ്പോൾ വീട്ടിൽ ഇത്രയും ആൾക്കാരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഹാൻഡിൽ ചെയ്യണ്ടേ ഇവരെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ അത് വന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകല്ലോ അവർക്ക് അവിടെ അവിടെ ഇരുന്ന് അവരെ ഹോസ്പിറ്റാലിറ്റി അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരെ കരുതണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഭാര്യ മാത്രം വിചാരിച്ചത് നടക്കില്ല ഉണ്ട് അമ്മായിയമ്മക്ക് പനി പിടിച്ച് കിടക്കുന്നു അമ്മായിമ്മയ്ക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കാം അപ്പം ആ രീതിയിൽ പനി പിടിച്ച് കിടക്കുന്നു അല്ല ആരോഗ്യമുള്ള അമ്മായിയമ്മ ഇപ്പോൾ പനി പിടിച്ച് കിടന്നാൽ ഈ വീട്ടിലെ കാര്യം നടക്കില്ല ഇതെൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ ഒരു നീടാണ് ഇവിടെ നീടാണ് ഇതിപ്പോൾ എൻ്റെ അമ്മായിയമ്മക്ക് ഇപ്പോൾ ഒരു സൗഖ്യം വേണം വരുമ്പോൾ ഒരുപക്ഷെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്റെ അപ്പം വീട്ടില് അമ്മായിയമ്മയ്ക്ക് പനിയായിട്ട് കിടക്കുന്നു അപ്പൊ കർത്താവ് വന്ന ഉടനെ കർത്താവ് ഉടനെ ഇതൊന്നും ഒന്നും പോലെ ഏഹ് ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിച്ച് കർത്താവ് നെഗ്ലക്ട് ചെയ്തില്ല അവിടെ കർത്താവ് പ്രാർത്ഥിച്ചു അമ്മായിമ്മയുടെ പനി മാറി അമ്മായിയമ്മയുടെ പനി മാറി എന്ന് മാത്രമല്ല അവിടെ ഉടനെ നമ്മൾ വായിക്കുന്നത് അവൻ അവളുടെ കൈ തൊട്ടു അവൻ അവളുടെ കൈ കൈ തൊട്ടു കൈ തൊട്ട ഉടനെ പനി അവളെ വിട്ടു പനി വിട്ടപ്പോൾ എന്ത് ചെയ്തു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു അപ്പൊ അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവന് അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എത്ര എത്ര ഇപ്പൊ പത്രോസ് ഇത് കാണുന്നു പത്രോസും പത്രോസിന്റെ വീട്ടിലുള്ളവരും എല്ലാവരും കാണുന്നു കാണുമ്പോ നമ്മുടെ ഒരു ചെറിയ കാര്യം എന്നാൽ ഇപ്പൊ ദൈവം എത്ര ദൈവം പ്രവർത്തിച്ച് ദൈവം പ്രവർത്തിച്ചു ഇമ്മീഡിയറ്റ്ലി പനി മാറി അവിടെ കാര്യങ്ങളൊക്കെ നടന്നു അവിടെ എല്ലാവരെയും ശുശ്രൂഷിക്കാനായിട്ട് പത്രോസിന്റെ ഉള്ളിൽ വിശ്വാസം അപ്പൊ വീട്ടിൽ ദൈവം പ്രവർത്തിക്കുന്നത് പത്രോസ് കണ്ടു വീട്ടിൽ ഇതാ നമ്മുടെ ഒരു ആവശ്യത്തിന് മധ്യത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു ദൈവം സൗഖ്യം നൽകി ദൈവം മതിയായവനാണ് പത്രോസിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ വളരുകയായിരുന്നു ദൈവം മതിയായവനാണ് ദൈവം നല്ലവന് കുറെ കഴിഞ്ഞപ്പം ഞാനതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നുമല്ല പറയുന്നത് മറ്റൊരു സാഹചര്യത്തിൽ പത്രോസ് തൊഴിലിലാണ് ഇപ്പൊ ജോലി സ്ഥലത്താണ് ജോലി സ്ഥലത്താണ് ഇപ്പൊ പ്രശ്നം രാത്രി മുഴുവൻ പിടിക്കുകയാണ് മീൻ പിടിച്ച് മീൻ പിടിച്ച് മീൻ പിടിച്ച് ആ മീൻ കിട്ടുന്നില്ല ആകെ തൻ്റെ തൊഴിൽ സ്ഥലത്ത് ഒരു ശൂന്യതയാണ് ഒന്നും കിട്ടുന്നില്ല ആകെ ഒരു ഒരുപക്ഷെ എനിക്ക് ആ തൊഴിലേക്ക് വഴിയെ തുറക്കുന്നില്ല ഒരുപക്ഷെ ജോലി ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ പഠനത്തിലുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു ജോലി ഇല്ലാതെ ആകെ രാശിയുടെ പടുപുടിയിലായിരിക്കുന്നു മുമ്പോട്ടൊരു വഴിയും തുറക്കുന്നില്ല പ്രശ്നങ്ങളുടെ സങ്കീർണമായ അതയുടെ മധ്യത്തിൽ അവിടെ നിൽക്കുമ്പോഴും അവിടെ നിൽക്കുമ്പോ അവിടെയും നമുക്ക് നമ്മളവിടെ ലൂ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ് ലൂക്കോസ് അഞ്ചാം അധ്യായത്തിലൊക്കെ അഞ്ചാം അധ്യായത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ സമയത്ത് അവിടെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നത് നിങ്ങൾ നമുക്ക് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടല്ലോ അവിടെ പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിച്ചു മീൻ പിടിച്ചപ്പോൾ കർത്താവിൻ്റെ അവൻ എല്ലാ സ്ഥലങ്ങളും കടൽ മുഴുവൻ നന്നായിട്ട് അറിയാവുന്ന ഒരു എക്സ്പേർട്ട് മീൻ പിടുത്തക്കാരനാണ് പക്ഷെ അവൻ രാത്രി മുഴുവൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ അഞ്ചാം അധ്യായം അവിടെ പറയുന്നു നാലാം വാക്യം അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുന്നതിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു അവൻ രാത്രി മുഴുവൻ അവിടെ ഒന്ന് അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല അത് കർത്താവ് പറയുന്നു നീ ജസ്റ്റ് ആഴത്തിലേക്ക് അങ്ങോട്ട് നീക്കി മീൻ പിടിക്കാൻ പറയുന്നു അപ്പോ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല പക്ഷേ കർത്താവെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം കർത്താവിന്റെ വാക്കിന് വലയിറക്കി വലയിറക്കിയപ്പോ ഇതാ വെറുത്ത മീൻകുട്ടം അകപ്പെട്ടു വല കീറായി അപ്പൊ വീണ്ടും പത്രോസിന്റെ ഉള്ളിൽ ഒരു ദൈവം ചെയ്ത് ഈ പ്രവൃത്തി അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിനെ ഒരു അവന് ദൈവം എത്ര നല്ലവനാണ് ഞാൻ ഇത്ര പാവിയായ ഒരു വ്യക്തിയായിട്ട് പോലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്കാൻ കർത്താവെ ഞാൻ എന്തുള്ളൂ അവൻ ഉടനെ അവൻ്റെ പാപ ബോധത്തോടുകൂടെ കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എട്ടാം വാക്യം അവൻ്റെ കാൽക്കൽ വീണു എന്നെ എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു അവന് സംഭ്രമം പിടിച്ചു എന്നാണ് പറയുന്നത് അവിടെ അവിടെ പറയുന്നത് അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും ഒമ്പതാം വാക്യം സംഭ്രമം പിടിച്ചുപോയി അവരെ ദൈവർ അസ്റ്റോണിഷ്ഡ് അവർക്ക് ആ രീതിയിൽ അത്ഭുതം അമേസ്ഡ് ആയി പോയി അപ്പോൾ വലിയ നിലപാടെടുത്ത് നമ്മൾ ഒരു സമയത്ത് ഞാൻ ക്രൂശിക്കാനായിട്ട് റെഡിയാണ് ക്രൂശിക്കപ്പെടുവാൻ തലകീഴായിട്ട് ക്രൂശിക്കപ്പെടുവാനായിട്ട് റെഡിയാണ് എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ ഉറച്ചു പത്രോസ് പക്ഷെ പത്രോസിന്റെ ജീവിതത്തിൽ ചെറിയ തുടക്കങ്ങളായിരുന്നു പനിയുടെ മധ്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തനം വീട്ടിൽ ദൈവത്തിന്റെ ഒരു അത്ഭുതം കണ്ടു ജോലിസ്ഥലത്ത് ദൈവത്തിന്റെ ഒരു അത്ഭുതം കണ്ടു മുമ്പോട്ട് പോകുമ്പോൾ ഓരോ ആവശ്യങ്ങളുടെ മധ്യത്തിലും ദൈവം മതിയായവനാണ് എന്ന് കാണുന്നു അവിടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരി നാവം ഈ തരത്തിൽ കർത്താവിനെ അറിയണം ആ തരത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണണം ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സാക്ഷ്യം പ്രസ്താവിക്കണം ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ നല്ലവനാണ് അവിടെ നിന്ന് മതിയായവനാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നു എല്ലാ സമയവും എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പൊതുവായിട്ട് ഒരു ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ പ്രയോജനം ചെയ്യണമെന്നില്ല എന്നാലും നിങ്ങൾ മറ്റുള്ളവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ സൺഡേ സ്കൂളിലൊക്കെ നിങ്ങൾ പറയണം നിങ്ങൾ നമ്മൾ ഒന്നിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രീസ് അലോഡ് ദൈവത്തിന് നമ്മൾ സ്തോത്രവും മഹത്വവും കരയറ്റണം ഈ നല്ല ദൈവത്തെ കണ്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്ക് മുമ്പോട്ട് പുരോഗമിക്കാനായിട്ട് കഴിയുക നമ്മളിങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി ആ രീതിയിൽ വിശ്വാസത്തിൽ നമ്മൾ നിലപാടെടുക്കും വിശ്വാസത്തിൽ നമ്മൾ ഉറച്ച് കൊച്ചു കുഞ്ഞുങ്ങളായി ചെറുപ്പക്കാരായി ദൈവം പ്രവർത്തിക്കുന്നത് കാണുന്നു നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഒരു ഉറപ്പുണ്ട് വിശ്വാസത്തിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വളരുന്നു വളർന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം വളരെ തീക്ഷണമായ ശോധനയുടെ മധ്യത്തിൽ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിൽ അവിടെയും നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് കഴിയും നമ്മുടെ ഈവൻ എൻ്റെ ജീവിതം എനിക്ക് ജീവൻ വെടിയേണ്ടി വന്നാൽ എൻ്റെ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ മായോധനയുടെ മധ്യത്തിലും വിശ്വാസത്തിന്റെ ഒരു നിലപാടോട് കൂടെ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് നിൽക്കുവാനായിട്ട് കഴിയും അപ്പൊ നമ്മൾ എന്തിനാ ഈ തരത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ വളരുന്ന കൊച്ചുകുഞ്ഞായി ചെറുപ്പക്കാരായി നമ്മൾ വിശ്വാസത്തിൽ വളർന്ന് ആത്യന്തികമായി നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചവരായി നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ നമ്മളെ മഹത്വപ്പെടുത്തണം നമ്മൾ അതാണ് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ഇങ്ങനെയാണ് നമ്മുടെ മസിൽ ഒരു കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് വലിയ ബലമൊന്നുമില്ല കുറെ കഴിയുമ്പോൾ കുറെശ് അവർ ഓടി അവരുടെ മസിൽ ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ച് അതിനെ തുടർന്ന് നമുക്ക് ഉണ്ടാവുന്ന ഈയൊരു വിശ്വാസം നമ്മുടെ നിലപാടിലേക്ക് നമ്മുടെ ഉറപ്പിലേക്ക് നമ്മെ നയിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിനെ നമ്മെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം ഞാൻ ആ രീതിയിൽ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അവിടെ ഇതൊരു വിശ്വാസത്തിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു നിലപാടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് പീഡനങ്ങൾ വരുന്നതോ അന്ത്യകാല സമയം ഒക്കെ വരുമ്പോ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഇവിടെ ചെയ്താൽ പത്താം വാക്യം നാം വായിക്കുന്നു അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം അപ്പൊ നമുക്ക് ഈ വിശ്വാസം വളർന്നു വളർന്ന് നമുക്ക് വിശ്വാസം നമുക്ക് ആവശ്യമായിട്ട് വരും നിലപാടെടുക്കേണ്ട സമയങ്ങളിൽ പ്രത്യേകിച്ച് വളരെ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ നാം പീഡനത്തിലൂടെയൊക്കെ കടന്നുപോകേണ്ട സാഹചര്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വിശ്വാസം വരത്തില്ല അപ്പം അന്ന് നാം സഹിഷ്ണുതയോടെ വിശ്വാസത്തോടെ നാം നിൽക്കണമെങ്കിൽ ഇന്ന് കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കാൻ പഠിക്കുക എന്റെ ഈ കാര്യത്തിൽ ഉടനെ ടെൻഷനും പ്രയാസങ്ങളുമായിട്ട് നിങ്ങൾ അടിച്ച് ഇരിക്കുമ്പോൾ ഓക്കെ ആ ഉണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ അത് കർത്താവിനോട് പറയുക കർത്താവേ ഇവിടെ ഞാൻ അങ്ങനെ ചാരുന്ന് ഇവിടെ അങ്ങ് മതിയായവനാണ് മമ്മി അമ്മേ എനിക്ക് വേണ്ടി ഉടനെ അപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക് ഈ കാര്യത്തിന് വേണ്ടി നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസം ഉള്ളിൽ വളരുന്നു പനിയാകട്ടെ ജോലിസ്ഥലത്തെ പ്രശ്നമാകട്ടെ സ്കൂളിലെ കോളേജിലെ പ്രശ്നങ്ങളാകട്ടെ അതിൻ്റെ മധ്യത്തിൽ ദൈവവും പ്രവർത്തിക്കുന്നു നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു കൊച്ചു കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവം വലിയ കാര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കും അതിനെ തുടർന്ന് നമ്മൾ വിശ്വാസത്തിൽ ബലമുള്ളവരായി നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ഈ തരത്തിൽ നമുക്ക് മറ്റുള്ളവർ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുമ്പോൾ വിശ്വാസത്തോടെ ഒരു നിലപാടെടുത്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ നിലപാടെടുക്കുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതം ഒരു സമയത്ത് ഇവിടെ ഇതാ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴും വിശ്വാസത്തിന് നിലപാടെടുത്ത് നിൽക്കുവാനായിട്ട് കഴിയും ദൈവം നമ്മെ ഈ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ പാതയിൽ കൊണ്ടുപോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് അത് ഏറ്റെടുക്കുകയും നമ്മുടെ കൊച്ചു മുതിർന്നവരും ചെറുപ്പക്കാരും എല്ലാവരും നമുക്ക് ചെറിയ കാര്യങ്ങളിൽ മുതൽ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ബലം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ദൈവം ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നില്ല ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു എന്നാൽ അതിൻ്റെ മധ്യത്തിലും കർത്താവെ ഇവിടെയും ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങേയ്ക്ക് വേണ്ടി നിൽക്കും കർത്താവിനെ ശക്തീകരിക്കും കർത്താവിനെ മതിയായവൻ കർത്താവ് എനിക്ക് മതിയായവനാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ